ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെതായ വിധത്തിൽ ചെയ്യണം എന്നുള്ള കാര്യം ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ നമ്മൾ അതിന് ഇന്ന് നമുക്ക് അതിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവിൻ്റെ സഭ പണിയുന്ന ആ കാര്യം കുറച്ചുകൂടെ കർത്താവിൻ്റെ ശരീരത്തോട് ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭ കർത്താവിൻ്റെ ശരീരത്തോട് ചേർത്ത് പറയുന്നുണ്ടല്ലോ അവൻ്റെ ശരീരമാകുന്ന സഭ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പം ആദ്യം അവിടത്തേക്കൊരു ശരീരമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കർത്താവ് അക്ഷരീകമായിട്ട് ശാരീരിക ശരീരപ്രകാരം ഇന്ന് ഭൂമിയിലില്ല എന്നാൽ കർത്താവിൻ്റെ ശരീരമായ സഭയാണ് ഇന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഇന്ന് കർത്താവിൻ്റെ ശരീരമാകുന്ന സ്വഭ പണിയുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ കർത്താവിൻ്റെ ശരീരം അതിൻ്റെ ചില പ്രത്യേകതകൾ നമ്മൾ നോക്കി അതുമായിട്ട് താരതമ്യം ചെയ്താൽ നമ്മളിന്ന് ദൈവീകമായ വിധത്തിലാണോ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സ്വഭ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തത കിട്ടും നമ്മളെ കർത്താവായി യേശു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ ജനിച്ചതിനെക്കുറിച്ച് നമ്മൾ അവിടെ ആട്ടിടയന്മാരോട് ദൂതനെ പറയുന്ന ഒരു കാര്യം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങളെ കാണുന്നുണ്ട് ഇടയന്മാരോട് ഒരു ദൂതൻ പറഞ്ഞു നിങ്ങൾ പോയി അവനെ കാണാനായിട്ട് പറയുമ്പോൾ അതിൻ്റെ അവർക്കുള്ളൊരു അടയാളമായിട്ട് പറയുന്നത് രണ്ടിൻ്റെ വാക്യം നിങ്ങൾക്കുള്ള അടയാളമോ ശീലകൾ ചുറ്റി പശു കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു കണ്ടോ അപ്പോൾ കർത്താവിൻ്റെ ആദ്യം ഈ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അടയാളമെന്ന് പറയുന്നത് ശീലകൾ ചുറ്റി പശു കിടക്കുന്നു ഇതാണ് ഒരു അടയാളമായിട്ട് ദൂതന് ആട്ടിടയന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്കുള്ള അടയാളമോ ശീലകൾ ചുറ്റി പശു കിടക്കുന്ന ഒരു ശിശുവിനെ കാണും കർത്താവിൻ്റെ ആദ്യ ശരീരത്തിൻ്റെ അടയാളമെന്ന് പറയുന്നത് ഈ ശീലകൾ ചുറ്റി പശു കിടക്കുന്നതായിട്ടാണ് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവർ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ശീലകൾ ചുറ്റി പശു കിടക്കുന്ന ഒരു ശിശു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു നിന്നയുടെ അടയാളമാണ് സാധാരണ നിലയിൽ ഒരു കുഞ്ഞ് ഒരു പശു കിടത്തിയിരിക്കുന്നതായിട്ട് കാണുകയില്ല എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് അവിടുന്ന് ഒരു പശു കിടക്കുന്നു ശീലകൾ ചുറ്റി അങ്ങനെ കിടക്കുന്നു അവരെ ചെന്ന് കാണുമ്പോൾ അവർക്കുള്ള അടയാളമായിട്ട് ആട്ടിടയന്മാർക്കുള്ള അടയാളമായിട്ട് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളും അത് നിന്നയുടെ അടയാളങ്ങളാണ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം കർത്താവിൻ്റെ ഒന്നാമത്തെ ശരീരം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അത് അതിൻ്റെ അടയാളമായിട്ട് നിന്നയുടെ ഒരു ആവരണമാണ് അതിന് ഉണ്ടായിരുന്നത് എന്നാൽ പറയാം പ്രിയപ്പെട്ടവർ അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ യഥാർത്ഥമായ ശരീരമാണ് നമ്മൾ പണിയുന്നതെങ്കിൽ നമ്മളും നമ്മൾ പണിയുന്ന ഈ സഭയും ആളുകളുടെ ദൃഷ്ടിയിൽ വലിയൊരു ആദരവുള്ള ഒരു കാര്യമായിരിക്കുകയില്ല എന്ന് മാത്രമല്ല പലരുടെയും ദൃഷ്ടിയിൽ അതൊരു നിന്ദാവിഷയമായിരിക്കും നിന്നയായിരിക്കും ആ നിന്നയെന്ന് പറയുന്നത് നമുക്ക് ഒരളവിലൊരു സുരക്ഷിതത്വം ആളുകൾ അതായത് ലോകമാകട്ടെ ക്രിസ്തീയ ലോകമാകട്ടെ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ആകട്ടെ നമ്മൾ പണിയുന്ന സഭയെ നിന്ദിക്കുകയും പരിഹസിക്കുകയും അതിനെ ഒറ്റപ്പെടുത്തുകയും അതിനെ ദുരുപദേശമെന്നോ മറ്റോ ഒരു പേര് നൽകി അതിനെ ആ നിലയിൽ ഒരു നിന്ദയുടെ ആവരണം നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരളവിൽ നമ്മളതിൻ്റെ അകത്ത് ഖേദിക്കണ്ട അത് ദൈവത്തിൻ്റെ ഒന്നാമത്തെ ശരീരം ഈ ഭൂമി വന്നപ്പോഴും അതിനൊരു നിന്നയുടെ ആവരണമായിരുന്നു ഉണ്ടായത് ഇന്നും ഒരു നിന്നയുടെ ആവരണമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ ശരീരമാകുന്ന സഭയ്ക്ക് യഥാർത്ഥ സഭയ്ക്ക് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല അതിൻ്റെ അകത്ത് ഒരളവിലതൊരു സുരക്ഷിതത്വമായിട്ട് നമ്മൾ കാണും നമ്മൾ എബ്രാഹർ കെഴുതിയ ലേഖനം അതിൻ്റെ പതിമൂന്നിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അവിടെയും സഭയെക്കുറിച്ച് പറയുമ്പോൾ ആകെയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക എബ്രാഹർ പതിമൂന്നിൻ്റെ പതിമൂന്ന് ഇവിടെ നമ്മൾ കാണുന്നു ക്രിസ്തീയ പാളയത്തിന് പുറത്തായിരിക്കണം നമ്മൾ യഥാർത്ഥത്തില് കർത്താവിൻ്റെ നിന്നയും ചുമന്നുകൊണ്ട് ചെല്ലണ്ടത് അതേസമയം നമുക്ക് നിന്നയില്ലാതെ ഇന്ന് വലിയ ആദരവ് അവര് നല്ല ആളുകളാണ് അല്ലെങ്കിൽ ഉപദേശം നല്ലതാണ് എന്നൊക്കെയുള്ള നിലയിൽ എല്ലാവരും അഭിനന്ദിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് നിന്നയില്ല നമുക്ക് പ്രശംസയേ ഉള്ളൂ പ്രശംസയുണ്ടെങ്കിൽ എബ്രായർ പതിമൂന്നിൻ്റെ പതിമൂന്നനുസരിച്ച് നമ്മൾ പാളയത്തിനുള്ളിൽ തന്നെയാണ് പതിമൂന്നിൻ്റെ പതിമൂന്ന് കണ്ടോ പാളയത്തിന് പുറത്താണെങ്കിലാണ് നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്താണ് കർത്താവ് നിൽക്കുന്നത് ഇന്ന് ക്രിസ്തീയ ക്രിസ്തീയതയുടെ ആ പാളയത്തിന് പുറത്താണ് യഥാർത്ഥത്തിൽ കർത്താവ് നിൽക്കുന്നത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ രണ്ടാമൂന്നോ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ സഭയോടുള്ള ദൂതിൽ പറയുമ്പോൾ സഭയെന്ന് പറ സഭയുടെ പുറത്തായിട്ടാണ് കർത്താവ് നിൽക്കുന്നത് അവൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ലവോദിക്ക സഭയോട് പറയുമ്പോൾ അവൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടോ വാതിൽ തുറന്നാൽ അപ്പോൾ കർത്താവ് എവിടാണ് വാതലിന് പുറത്താണ് കണ്ടോ ലവോദിക്ക സഭയാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തോട് ചേർത്ത് പറയുന്ന ആ നിലയിലുള്ള ഒരു സഭ അപ്പം ഇന്നത്തെ കാലത്ത് പാളയത്തിന് പുറത്താണ് വാതലിന് പുറത്താണ് കർത്താവിൻ്റെ സ്ഥാനം അപ്പോൾ പാളയത്തിന് പുറത്ത് കർത്താവ് നിൽക്കുന്നു നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിന്ന ചുമന്നുകൊണ്ട് നമ്മൾ പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലണം എന്നാണ് നമുക്ക് ഇന്ന് നിന്നയില്ലെങ്കിൽ നമ്മൾ പാളയത്തിന് പുറത്തല്ല നമ്മൾ പാളയത്തിനുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇന്ന് നിന്ദിക്കപ്പെടുന്നെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ദുഃഖിക്കാനായിട്ടൊന്നുമില്ല വിഷമിക്കാനായിട്ടൊന്നുമില്ല നമ്മൾ അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് ചെല്ലുകയാണ് എന്നുള്ള കാര്യം ഓർക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് കർത്താവിൻ്റെ ഒന്നാമത്തെ ശരീരത്തിന് ഒരു നിന്നയുടെ ആവരണം ഉണ്ടായിരുന്നു ഇന്നും കർത്താവിൻ്റെ രണ്ടാമത്തെ ശരീരമാകുന്ന യഥാർത്ഥ സഭ അവിടെ ഒരു നിന്നയുണ്ടെങ്കിൽ അത് നമുക്കൊരു സുരക്ഷിതത്വമാണ് നമ്മൾ പാളയത്തിന് പുറത്ത് അവൻ്റെ അടുത്ത് എന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ ഈ വാക്യത്തെ വാക്യത്തോടെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പുസ്തകം അമ്പത്തി മൂന്നാം നമ്മൾ കർത്താവിനെക്കുറിച്ച് കാണുന്നല്ലോ അവൻ ആ അവ അവൻ ആകർഷകത്വമില്ല കർത്താവിനെക്കുറിച്ച് കർത്താവിൻ്റെ ഒന്നാമത്തെ ശരീരത്തെക്കുറിച്ച് അവിടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ചേർത്ത് പറയുമ്പോൾ നമ്മളവിടെ വായിക്കുന്നത് എന്താ കർത്താവിനെ എല്ലാവർക്കും ആ നിലയിൽ ഒരു കോമളത്വമോ രൂപഗുണമോ ഉള്ളവനായിട്ടല്ല അവിടെ പറയുന്നത് അൻപത്തി മൂന്നിൻ്റെ രണ്ട് അവന് രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു കർത്താവിൻ്റെ ഒന്നാമത്തെ ശരീരം നേരത്തെ ജനിച്ച സമയത്തെക്കുറിച്ചാണ് നമ്മൾ ലൂക്കോസിലെ വായിച്ചത് ഇപ്പോഴേ കർത്താവ് അതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞു എങ്കിലും കർത്താവിലുള്ള യഥാർത്ഥ സൗന്ദര്യം അവർക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല അവൻ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടുമാണ് ആയിരുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ ഒന്നാമത്തെ ശരീരത്തെ ആ നിലയിൽ അന്നത്തെ ലോകം ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലായെന്ന് പറഞ്ഞ് രൂപഗുണമില്ല എന്ന് പറഞ്ഞ് അവനെ നിന്നിച്ചെങ്കിൽ നമുക്കും ഇന്ന് നിന്ന് ഏൽക്കേണ്ടി വന്നാൽ അതിൻ്റെ അകത്ത് വിഷമിക്കാനായിട്ടൊന്നുമില്ല കർത്താവിനെ ശയ്യാ അമ്പത്തി മൂന്നിൻ്റെ രണ്ടോ മൂന്നോ വാക്യങ്ങളിൽ അങ്ങനെയാണ് പറയുന്നത് പ്രിയപ്പെട്ടവർ കർത്താവായി യേശു ഈ സമാഗമന കൂടാരത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ സമാഗമന കൂടാരം അത് അകത്ത് ചെന്നാൽ അകത്ത് ചെന്നാൽ എന്താ അകത്ത് ചെന്ന് ഉള്ളിൽ നിന്ന് നോക്കിയാൽ അത് വളരെ മനോഹരമാണ് എന്നാൽ പുറത്ത് നിന്ന് നോക്കിയാൽ തഹസിതോൾ കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള അതിൻ്റെ ആ നിലയിലുള്ള വെളിയിൽ നിന്ന് നോക്കിയാൽ അതൊട്ടും ആകർഷകമല്ല യഥാർത്ഥ സഭയെന്നു വച്ചാൽ ഉള്ളിലാണ് അകത്ത് വന്ന് കഴിയുമ്പോഴാണ് അതിനാകർഷകത്വമുള്ളത് നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനത്തില് നാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനത്തില് അന്തപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു നാൽപ്പത്തഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്നാം വാക്യം അവിടെ നമ്മൾ അന്തപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു വേർഷനിൽ വായിക്കുന്നത് അവൾ ആന്തരികമായിട്ട് ശോഭയുള്ളവളാണ് പ്രിയപ്പെട്ടവരെ പുറത്ത് നിന്ന് നോക്കിയാൽ സമാഗമന കൂടാരത്തിന് ഒരാകർഷകത്വം ഇല്ല താഴ്ച തോൽത്തോ കൊണ്ട് പൊതിഞ്ഞ് ആകെപ്പാടെ ഒരു ഭംഗിയില്ല എന്നാൽ ഉള്ളിൽ വന്ന് നോക്കുമ്പോഴോ എത്ര മനോഹരം ഓ അതിൻ്റെ മൂടുവിരികൾ അതിൻ്റെ അകത്തെ ആ സ്വർണത്തിൻ്റേതായ പല പണികൾ ഒക്കെ എത്രയോ മനോഹരം എന്ന് പറഞ്ഞതുപോലെ അന്തപുരത്തിലെ രാജകുമാരി അവൾ ഉള്ളിലാണ് അവൾക്ക് ശോഭയുള്ളത് അന്തരംഗത്തിൽ അവൾ ശോഭാപരിപൂർണയാകുന്നു എന്നാണ് നമ്മൾ കാണുന്നത് രശീയാവ് നാലാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിലും യഥാർത്ഥത്തിലുള്ള കർത്താവിൻ്റെ സഭയെക്കുറിച്ച് പറയുമ്പോൾ അവിടെയും യശയാവ് നാലിൻ്റെ അഞ്ചിൽ ആ സഭയ്ക്കൊരു തേജസ് ഉണ്ട് പക്ഷെ ആ സഭയുടെ തേജസ് കാണാതെ വണ്ണം അതിൻ്റെ മേലൊരു മൂടുപടമുണ്ടായിരിക്കും യശയാവ് നാലിൻ്റെ അഞ്ചാമത്തെ വാക്യം അവസാന വാക്യം അവസാന ഭാഗം സകല തേജസ്സിനും മീതെ ഒരു വിധാനമുണ്ടായിരിക്കും ഒരു മൂടുപടമുണ്ടായിരിക്കും ആ മൂടുപടം ആ നിലയിൽ ഒരു നിന്നയുടേതായ ഒരു ആവരണമാണ് കണ്ടാൽ ആകർഷിക്കത്തക്കവണ്ണം ഒരു സൗന്ദര്യമില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ ശരീരമാകുന്ന സഭ നമ്മൾ ഇന്ന് പണിയുമ്പോൾ ഇന്നും നമ്മുടെ പണിയെക്കുറിച്ച് ഒരു നിന്നയും കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ലജിക്കണ്ട നമ്മൾ യഥാർത്ഥ തന്നെയാണ് ആയിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം കാര്യം കർത്താവിൻ്റെ ഒന്നാമത്തെ ശരീരത്തിന് ഒരു നിന്നയാണ് ലഭിച്ചത് രണ്ടാമത്തെ ശരീരമാകുന്ന സഭയ്ക്കും യഥാർത്ഥ സഭയ്ക്കും നിന്ന തന്നെയാണ് പുറം നിന്നും ക്രിസ്തീയ ലോകത്തിൽ നിന്നും ലഭിക്കുക എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം ഇരുപത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവിൻ്റെ ആദ്യത്തെ ശരീരം അതിന് നിന്ന് ലഭിച്ചു നിന്ന് മാത്രമല്ല ആ ശരീരത്തെ കൊല്ലുവാനായിട്ട് ശ്രമങ്ങൾ നടക്കുന്നു ശിശുവായിരുന്ന യേശുവിനെ കൊല്ലുവാൻ ഹേരോദാവും സൈനികരും ഉത്സുകരായിരുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ അവർ യേശുവിനെ ശിശുവായിരിക്കുമ്പോൾ തന്നെ കൊന്നു കളയാനായിട്ട് ശ്രമിച്ചു വളർന്നു വന്നപ്പോഴും യേശുവിനെ കൊല്ലുവാനും ഒക്കെയുള്ള പല ശ്രമങ്ങളുണ്ടായി ഒടുവിൽ യേശുവിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ ക്രൂശിച്ചു കൊന്നു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ രണ്ടാമത്തെ ശരീരമാകുന്ന യഥാർത്ഥ സഭയ്ക്ക് സംബന്ധിച്ചും എന്തുണ്ടാകും അതിനെ കൊന്നുകളയാനായിട്ടുള്ള അതിൻ്റെ തുടക്കത്തിൽ തന്നെ കർത്താവ് ജനിച്ചപ്പോൾ തന്നെ അതിനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രദേശത്ത് ഒരു യഥാർത്ഥ സഭയുടെ ഒരു ചെറിയ കൂടിവരവ് ആരംഭിക്കും തന്നെ ആരംഭിക്കുമ്പോൾ തന്നെ അതിനെ കൊന്നുകളയാനായിട്ട് അതിനെ ഇല്ലായ്മയാക്കാനായിട്ട് അന്ന് ഹേരോതാവും സൈനികരും ശ്രമിച്ചതുപോലെ തന്നെ ഇന്നും എന്തുണ്ടാകും ഇന്നും ക്രിസ്തീയ ആ നിലയിലുള്ള ലോകത്ത് നിന്നും യഥാർത്ഥത്തിൽ കർത്താവിനെ അറിയാത്ത ആളുകളിൽ നിന്നും അല്ലെങ്കിൽ നാമധേയ ആളുകളിൽ നിന്നും ഒക്കെ ആ നിലയിലുള്ള പീഡനങ്ങള് വരാം എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം എന്നാൽ നമുക്കിന്നൊരു ഉത്തരവാദിത്വം എന്താ അന്ന് കർത്താവിൻ്റെ ആ ശിശുവായിരുന്ന കർത്താവിൻ്റെ ശരീരത്തെ നശിപ്പിക്കാനായിട്ട് ഹേരോദാവും കൂട്ടരും കരുക്കൾ നീക്കിയപ്പോൾ ജോസഫിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി മറ്റേഴു ദിവസത്തിനു ശേഷം രണ്ടാമധ്യായം പതിമൂന്ന് പതിനഞ്ച് വാക്യങ്ങളൊക്കെ നോക്കുക ദൈവത്തിൽ നിന്ന് കേട്ട് ജോസഫ് എന്ത് ചെയ്തു ആ കുഞ്ഞിനെയും കൊണ്ട് ദൈവം പറഞ്ഞെടുത്ത് പോവുകയും ഒക്കെ ചെയ്ത് ആ ശിശുഹത്യയിൽ നിന്ന് യേശുവിനെ ജോസഫ് രക്ഷിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ജോസഫിനെ പോലെ നമ്മൾ ദൈവത്തിൽ നിന്ന് കേട്ട് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന കേൾക്കുകയും നമ്മൾ അത് വേഗത്തിൽ അനുസരിക്കുകയും ചെയ്താൽ നമുക്കും ഇന്ന് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെ കൊന്നുകളയാനുള്ള ആളുകളുടെ ആ ശ്രമത്തിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാനായിട്ട് സഭയെ സംരക്ഷിക്കാനായിട്ട് കഴിയും ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഒരാൾക്ക് ഒരു കാര്യത്തെ കൊന്നുകളയാനായിട്ട് ഒക്കുകയില്ല കാര്യം നമ്മുടെ നിയമ സംവിധാനമൊക്കെ വളരെ കർശനമാണ് അതുകൊണ്ട് നമ്മൾ ബൈബിളിൽ കാണുന്നല്ലോ നമുക്ക് നാവുകൊണ്ട് അവനെ കൊന്നുകളു പറയുന്നത് പോലെ നാവുകൊണ്ട് ഈ കാര്യത്തെ കർത്താവിൻ്റെ ഈ രണ്ടാമത്തെ ശരീരമായ ഈ സഭയെ കൊന്നുകളയാനായിട്ടുള്ള ശ്രമങ്ങൾ വരും എന്നാൽ അതെല്ലാം തടയാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല എന്നാൽ ജോസഫിനെ പോലെ ദൈവം നമ്മളോട് പരിശുദ്ധാത്മാവും നമ്മളോട് പറയുന്നത് നമ്മൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്ത് സഭയെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ യേശു തന്നെ ഗിരിപ്രഭാഷണത്തിനിടയിൽ പറയുന്നല്ലോ എന്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ ശരീരമാകുന്ന സഭയുടെ പണിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പലതും പറയുമ്പോൾ നമ്മൾ തിന് പല തിന്മയും പലരും കളവായിട്ട് പറയുകയും പഴിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിഷമിച്ചു പോകരുത് മറിച്ച് എന്താ വേണ്ടത് നമ്മൾ ഇവിടെ കാണുന്നത് മറ്റായി അഞ്ചിൻ്റെ പതിനൊന്ന് പന്ത്രണ്ടിൽ കർത്താവ് തന്നെ പറയുന്നത് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുകൊണ്ട് സന്തോഷിച്ചു ഉല്ലസിപ്പി നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ആ നിലയില് ഉപദ്രവിച്ചുവല്ലോ എന്ന് കർത്താവ് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഈ കർത്താവിൻ്റെ ശരീരമാകുന്ന യഥാർത്ഥ സഭയുടെ പണിയിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നു അതിനെക്കുറിച്ച് നിന്ദിക്കാനോ അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാനോ അതിനെക്കുറിച്ച് സകലതിന്മയും കളവായി പറയാനോ ഒക്കെ ചുറ്റുപാടുമുള്ളവർ തയ്യാറാകുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സുമടുത്ത് പോകേണ്ട മറിച്ച് നമ്മൾ ഭാഗ്യവാന്മാരാണ് നമ്മൾ സന്തോഷിച്ച് ഉല്ലസിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് സ്വർഗത്തിലൊരു പ്രതിഫലമുണ്ട് നമ്മൾ ഇന്ന് ലോകം പറയുന്ന ഈ നിന്നയുടെ വചനം കേട്ട് നമ്മൾ നിരാശപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഈ സഭയുടെ പണി ഇട്ടിട്ട് പോവുകയോ അല്ല വേണ്ടത് മറിച്ച സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം വലുതാകുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ എന്നാണ് കർത്താവ് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എത്ര വലിയ ഒരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് കർത്താവിൻ്റെ ശരീരമാകുന്ന സഫ ഇന്ന് പണിയുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ അതിൻ്റെ മുമ്പിലുള്ള നിന്നയോ അതിനെ നാവുകൊണ്ട് കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങളെയോ ഒന്നും കണ്ട് നമ്മൾ നിരാശപ്പെട്ടു പോകണ്ട നമ്മളെ ഏൽപ്പിച്ച കാര്യം സന്തോഷത്തോടെ നമ്മൾ ചെയ്യുക നമുക്ക് സ്വർഗത്തിലൊരു പ്രതിഫലമുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം വളരെ വേഗത്തിൽ നമുക്ക് കർത്താവിൻ്റെ ഒന്നാമത്തെ ശരീരത്തിനുണ്ടായിരുന്ന നാലടയാളങ്ങൾ നമുക്ക് ഇന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ ശരീരമാകുന്ന നമ്മൾ പണിയുന്ന സഭയ്ക്കുണ്ടോ എന്ന് അതിനെ രണ്ടിനെയും കൂടെ താരതമ്യം ചെയ്ത് നോക്കാനായിട്ട് നാല് കാര്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ ചിന്തിക്കാം പറഞ്ഞത് വ്യക്തമായോ കർത്താവായ യേശു ഒന്നാമത് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവിടുത്തെ ശരീരത്തിന് ആ നിലയിൽ നാല് പ്രത്യേകതകളുണ്ടായിരുന്നു നാല് പ്രത്യേകതകളെങ്കിലും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും ആ പ്രത്യേകതകൾ നമ്മുടെ ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ ശരീരത്തിൻ്റെ ഈ പണിയിൽ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഒന്നാമത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ആദ്യം ഭൂമിയിൽ വന്നപ്പോഴുള്ള പ്രത്യേകത എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത അവിടുന്ന് താഴ്മയുള്ളവനായിരുന്നു ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം നമുക്കറിയാമല്ലോ ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം രണ്ടാമധ്യായത്തിൽ കർത്താവ് ആദ്യ ഭൂമിയിൽ വന്നപ്പം അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ താഴ്മയുടെ മൂന്ന് പടികളാണ് അവിടെ നമ്മൾ കാണുന്നത് ഫിലിപ്പ്യർക്കെഴുതിയ ലേഖന രണ്ടാമധ്യായം അഞ്ച് മുതൽ ഉള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ അവിടെ കർത്താവിൻ്റെ ശരീരത്തിന് ഈ ഭൂമിയിൽ വന്ന മനുഷ്യ ശരീരത്തിൽ കർത്താവ് വന്നപ്പോൾ അവിടുത്തെ കാണിച്ച ആ മാതൃക താഴ്മയുടെ ആ മാതൃക നമ്മൾ ഇന്ന് സഭയെന്നുള്ള നിലയിൽ അതിന് നമുക്ക് നമ്മൾ പ്രാധാന്യം നൽകണം കർത്താവ് കാണിച്ച മാതൃക എന്താ താഴ്മയുടെ മൂന്ന് പടികളാണ് നമ്മളവിടെ കർത്താവ് ഫിലിപ്പർ രണ്ടിൻ്റെ അഞ്ച് മുതൽ ഉള്ളിടത്ത് കാണുന്നത് താഴ്മയുടെ ഒന്നാമത്തെ പടിയിൽ കർത്താവ് എന്തു ചെയ്തു തന്നിലെ ദൈവത്വം എന്നുള്ള പദവി ഒഴിവാക്കി ഒരു മനുഷ്യനായി തീർന്നുകൊണ്ട് യേശു തന്നെ താൻ താഴ്ത്തി താഴ്മയുടെ രണ്ടാമത്തെ പടി നമ്മളവിടെ വായിക്കുന്നത് എന്താ രണ്ടാമത് അവിടുന്ന് മനുഷ്യനായി തീരുക മാത്രമല്ല പിന്നീട് വീണ്ടും എല്ലാവരുടെയും ദാസനായി തീർന്നുകൊണ്ട് യേശു വീണ്ടും തന്നെ തന്നെ താഴ്ത്തി താഴ്മയുടെ മൂന്നാമത്തെ പടിയോ അതും അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ദാസൻ ഒരു ദാസനേക്കാളും ഒരു പടിയുടെ താഴേക്കിറങ്ങി കുറ്റവാളികൾ കൊല്ലപ്പെടുന്നത് പോലെ ഒരു കുരിശിലെ മരണം അവമാനകരമായ രീതിയിലുള്ള ഒരു മരണം തിരഞ്ഞെടുത്തുകൊണ്ട് യേശു തന്നെ വീണ്ടും അധികമായി താഴ്ത്തി കണ്ടോ അപ്പം താഴ്മയുടെ മൂന്ന് പടികൾ പിന്നിട്ടാണ് യേശു ആദ്യം തന്നെ ഈ ഭൂമിയിൽ വന്നപ്പോൾ താന് അങ്ങനെയാണ് വന്നത് ഇന്ന് നമ്മൾ ഒരു സഭയുടെ പണിയിലായിരിക്കുമ്പോൾ അവിടെ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് താഴ്മ എന്നുള്ള ഒരു കാര്യമാണ് ഈ താഴ്മ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആ നമ്മൾ പറയുക മാത്രമല്ല പറയുന്ന നമ്മുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇത് നമ്മൾ എടുക്കണം അങ്ങനെയുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഇന്ന് യഥാർത്ഥത്തിലുള്ള ഒരു സഭയുടെ പണി ദൈവം നടത്തുകയുള്ളു നമ്മൾ ഉദാഹരണത്തിന് എശയ്യാവിൻ്റെ പുസ്തകം അറുപത്തിയാറാം അധ്യായം ഒന്ന് രണ്ട് ആ വാക്യങ്ങൾ നോക്കുക അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനുമായവനെ ഞാൻ പ്രീതിയോടെ നോക്കും എന്നൊക്കെ പറയുന്ന ആ ഭാഗം നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പ്രത്യേക വേർഷനിൽ അറുപത്താറാം യശയ്യാവ് അറുപത്താറിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് പറയുന്നു സ്വർഗം എൻ്റെ സിംഹാസനം അത്രയും നല്ലതായ ഒരു വീടാണ് എനിക്ക് വേണ്ടി പണിയാൻ നിങ്ങൾക്ക് അത്രയും നല്ലതായ ഒരു വീട് നിങ്ങൾക്ക് പണിയാൻ കഴിയുമോ ഇതാണ് ആ നിലയിലുള്ള ഒരു വേർഷനിലെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് മൂന്നാമത് പറയുന്നു എങ്കിലും എളിമയും പശ്ചാത്താപം നിറഞ്ഞ ഹൃദയവുമുള്ള എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനായ ഒരു മനുഷ്യനെ ഞാന് പ്രീതിയോടെ നോക്കും ആ ഒടുവിലായിട്ട് പറയുന്നു കൂടാതെ എനിക്ക് അങ്ങനെ ഒരു വീട് പണിയാൻ ഞാൻ അവനെ സഹായിക്കും കണ്ടോ ദൈവം ആരെയും അവിടെ സഹായിക്കുന്നത് കർത്താവ് പറയുന്നു സ്വർഗമൻ്റെ സിംഹാസനം സ്വർഗം പോലെയുള്ള വീടാണ് എനിക്കുള്ളത് അത്രയും നല്ല വീട് എനിക്ക് ഭൂമിയിൽ കർത്താവിൻ്റെ ഭവനമാകുന്ന സഭ നിങ്ങൾക്ക് സാധിക്കുമോ സാധിക്കുമോ എന്നൊരു ചോദ്യ ചിഹ്നമാണ് കിടക്കുന്നത് എന്നാൽ കഴിയും ആർക്ക് കഴിയും എളിമയും പശ്ചാത്താപം എന്ന് നിറഞ്ഞ ഹൃദയവുമുള്ള എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ ഒരു മനുഷ്യനെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കുകയും എൻ്റെ വീട് പണിയാൻ ഞാൻ അവനെ ശക്തനാക്കുകയും ചെയ്യും എന്നാണ് നമ്മളവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവത്തിൻ്റെ സഭ ശരീരമാകുന്ന ആ സഭ ഇന്ന് പണിയാൻ നമ്മളെ സംബന്ധിച്ചും നമുക്ക് വ്യക്തിപരമായിട്ടും ഈ താഴ്മ ഉണ്ടായിരിക്കണം ആ താഴ്മയുള്ളവനെ എൻ്റെ വീട് പണിയാൻ ഞാൻ സഹായിക്കും എന്നാണ് ശൈ്യാവ് അറുപത്താറ് ഒന്ന് രണ്ട് വാക്യങ്ങൾ പറയുന്നത് മാത്രമല്ല നമുക്ക് അങ്ങനെ ആ പണിയിലേർപ്പെടുന്ന നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും പ്രസംഗത്തിൽ മാത്രമല്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കർത്താവിൻ്റെ ഒന്നാമത്തെ ശരീരത്തിൻ്റെ അടയാളമായ താഴ്മ നമ്മൾ കൈയാളുന്നവരായിരിക്കണം എങ്കിലേ ദൈവം നമ്മളെ പിന്തുണക്കുകയുള്ളൂ എന്നാണ് ഈ വാക്യം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആദ്യം ഭൂമിയിൽ വന്നപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഒന്നാമത്തെ ശരീരത്തിന് അതിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് താഴ്മയായിരുന്നു എന്ന് ഫിലിപ്പർ രണ്ടിൻ്റെ അഞ്ച് എട്ട് വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു നമ്മളെ സംബന്ധിച്ചും ഇന്ന് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ രണ്ടാമത്തെ ശരീരം ആകുന്ന സഭ നമ്മൾ പണിയുമ്പോൾ നമുക്ക് താഴ്മയ്ക്ക് നമ്മൾ പ്രാധാന്യം നൽകണം വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കതുണ്ടാകണം പ്രിയപ്പെട്ടവരെ കർത്താവ് ഗിരിപ്രഭാഷണം പറയുമ്പോൾ അവിടുന്ന് പറയുന്ന ഒരു കാര്യം പ്രദ ആദ്യം ഊന്നി പറയുന്ന ഒരു കാര്യം അഞ്ച് മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മൂന്നാമത്തെ വാക്യമാണ് അതാണ് രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ആത്മാവിലെ ഒരു ദാരിദ്ര്യം നമുക്കുണ്ടാകണം എന്ന് കർത്താവ് പറഞ്ഞു എന്താ ഈ ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ആത്മാവിലെ ദാരിദ്ര്യം ഒരു ഭൗതികമായ ദാരിദ്ര്യം പോലെയാണ് ഭൗതികമായി ദരിദ്രനായ ഒരാൾ എന്തു ചെയ്യും നിരന്തരം ധനവാനായ ഒരാളെ ആശ്രയിക്കും അവൻ ലജ്ജയില്ല നിരന്തരം ധനവാൻ്റെ പടിവാതുക്കൾ ജാകരിച്ചു ദരിദ്രൻ നിൽക്കും ആത്മാവിലെ ദാരിദ്ര്യം ഭൗതികമായ ദാരിദ്ര്യം പോലെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഓ എല്ലാ കാര്യത്തിനും നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ ദൈവത്തെ ആശ്രയിച്ച് ദൈവം എനിക്കെൻ്റെ ശക്തി കൊണ്ട് ഇത കഴിയേയില്ല എന്ന് പറഞ്ഞ് നമ്മളും ദൈവത്തിൻ്റെ പടിവാതിക്കൽ നിരന്തരം ജാഗരിച്ചുകൊണ്ട് അങ്ങനെ നിന്നാലാണ് ആത്മാവിലെ ദാരിദ്ര്യം നമുക്കുണ്ടായിരിക്കുക പ്രിയപ്പെട്ടവർ ഇത് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പം അവിടുന്ന് എങ്ങനെയായിരുന്നു ജീവിച്ചത് യോഹനന്റെ സുവിശേഷത്തില് നമ്മൾ ചില വാക്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ പുത്രൻ തമ്പിന് ആ തൃത്വത്തിൽ രണ്ടാമനാണ് അവിടുന്ന് ശക്തനാണ് ഓ പിതാവിന് തുല്യനാണ് എന്നെല്ലാം നമ്മൾ അതിൻ്റെ ഉപദേശം പഠിക്കുമ്പോൾ തന്നെ അവിടുന്ന് ഭൂമിയിലേക്ക് വന്നപ്പം നമ്മൾ നേരത്തെ ഫിലിപ്പർ രണ്ടാമധ്യായത്തി വായിച്ച വായിച്ചതുപോലെ അവൻ പിതാവിനോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി ഒരു മനുഷ്യനായിട്ട് ആ നിലയിൽ അവിടുന്ന് വന്നതുകൊണ്ട് താൻ ചെയ്യുന്നു താന് എല്ലാ കാര്യത്തിനും പിതാവിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആത്മാവിൽ ദരിദ്രനായ ഒരുവൻ എപ്പോഴും ദൈവത്തെ ആശ്രയിക്കുന്നത് യേശു എല്ലാ കാര്യത്തിലും പിതാവിനെ ആശ്രയിച്ച് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളിവിടെ പറഞ്ഞ ആത്മാവിലെ ദാരിദ്ര്യം അതിൻ്റെ ആ അതിൻ്റെ ആ ഒരു ആത്മാവിൽ കർത്താവും പിതാവിനോടുള്ള ബന്ധത്തിൽ നിരന്തരം കൊണ്ടു നടന്നിരുന്നു എന്ന് നമുക്ക് പല വാക്യങ്ങളെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ തന്നെ പ്രാർത്ഥനകളിലെ ചില വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകും യോഹനന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം നോക്കുക അവിടെ കർത്താവായി യേശു പറയുന്നു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല കണ്ടോ കണ്ടോ പിതാവിന് തുല്യനാണ് പുത്രൻ നിത്യതയിൽ കഴിഞ്ഞകാല നിത്യതയിൽ ഒക്കെ അങ്ങനെയൊക്കെയാണ് പക്ഷേ ആ തൃത്വത്തിൽ രണ്ടാമനാണ് പക്ഷെ അവിടുന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്തു പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി ആ മനുഷ്യത്വത്തിൽ താൻ എന്ത് ചെയ്യുന്നു താന് പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്നവിടുന്ന് പറയുമ്പോൾ ആ കർത്താവിൻ്റെ ആ മനോഭാവം തന്നെ നമ്മളെ ഇന്ന് കൈയാളിയാലേ നമുക്ക് ഇന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ ശരീരമാകുന്ന സ്വഭ പണിയാനായിട്ടേ കഴിയുള്ളൂ അഞ്ചാമധ്യായം യോഹനൻ അഞ്ചിൻ്റെ മുപ്പതാമത്തെ വാക്യം നോക്കുക അവിടെയും കർത്താവ് പറയുന്നു എനിക്ക് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല എനിക്ക് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാനിച്ഛിക്കുന്നത് കണ്ടോ അവിടെയും പിതാവിൻ്റെ മുൻപാകെ സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തിവെക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് യോഹനാൻ ആറിൻ്റെ ആറാമധ്യായോ അതിൻ്റെ മുപ്പത്തി വാക്യത്തിലും ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്നാണ് കർത്താവ് അവിടെയും പറയുന്നത് യോഹനാൻ്റെ സുവിശേഷം എട്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ എട്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ച് തന്നതുപോലെ സംസാരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് കണ്ടോ എല്ലായിടത്തും എല്ലാ കാര്യത്തിനും പിതാവിനെ ആശ്രയിക്കുന്ന ആ മനോഭാവം നമുക്കും പ്രിയപ്പെട്ടവരെ ആ മനോഭാവം ഉണ്ടാകണം ആ മനോഭാവമാണ് കർത്താവായി യേശു ക്രിസ്തു മത്തായി അഞ്ചിൻ്റെ മൂന്നിൽ ഗിരിപ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ തുടക്കത്തിലെ ഭാഗ്യവർണ്ണനയിൽ ഒന്നാമത്തെ ഭാഗ്യാവസ്ഥയായിട്ട് പറഞ്ഞത് ആ ആത്മാവിലെ ദാരിദ്ര്യമാണ് നമുക്കും വ്യക്തിപരമായിട്ട് അതുണ്ടാകണം സഭയെന്നുള്ള നിലയിലും ദൈവം ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ എങ്ങനെയാ പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ എല്ലാ കാര്യത്തിലും ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിട്ട് നമ്മളായിരിക്കണം അതുപോലെ തന്നെ ഇന്ന് കടന്നു പോകുന്ന ഈ സാഹചര്യത്തിലും ഒക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് നമുക്കൊന്നും അറിയില്ല നമ്മളെല്ലാ കാര്യത്തിനും ദൈവത്തെ ആശ്രയിക്കുന്നു ആത്മാവിലെ ഒരു ദാരിദ്ര്യത്തോടെ ഓ ഒരു ഭൗതികമായിട്ട് ദരിദ്രൻ തനികനെ ആശ്രയിക്കുന്ന പോലെ നമ്മൾ നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മുടെ ദൈവത്തെ ആശ്രയിക്കുകയാണ് ചെയ്യാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ഈ കാര്യവും കർത്താവായി യേശു ജീവിതത്തിൽ നിന്നാണ് നമ്മൾ പകർത്തുന്നത് കർത്താവിൻ്റെ ഒന്നാമത്തെ ശരീരം കയ്യാളിയിരുന്ന താഴ്മ പോലെ തന്നെ അവിടുന്ന് കൊണ്ട് നടന്ന ഒരു കാര്യമായിരുന്നു ഈ പിതാവിനോടുള്ള ഈ നിരന്തര ആശ്രയത്വം ആ ആത്മാവിലെ ദാരിദ്ര്യം നമ്മളും കയ്യാളുന്നവരായിരിക്കണം അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമ്മളിപ്പോൾ വായിച്ചതുപോലെ കർത്താവ് എല്ലായ്പ്പോഴും പിതാവിൻ്റെ ആ ഒരു അധികാരത്തിന് അധികാരത്തിന് കീഴടങ്ങുന്നവനായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളും എന്ത് വേണം നമ്മൾ ഒന്ന് പത്രോസ് അഞ്ചാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ സഭയില് പല തരത്തിലുള്ള ശുശ്രൂഷകൾ ഉള്ളപ്പം അവിടെ നമ്മൾ എന്ത് വേണം നമ്മുടേതായ ഒരു സ്ഥാനം കണ്ടെത്തി നമ്മളെന്ത് വേണം അവിടെ കീഴടങ്ങിയിരിക്കണം ആ അഞ്ചാമധ്യായം ഒന്ന് പത്രോസ് അഞ്ചിന്റെ അഞ്ചിൽ വായിക്കുന്നു അവണ്ണ ഇളയവരെയും മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊടുവിൻ ദൈവ നികളുകളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു സഭയിൽ നമ്മൾ നമ്മുടെ ഒരു നമുക്ക് ദൈവമാക്കി വെച്ചിരിക്കുന്ന ആ സ്ഥാനത്ത് നമുക്ക് അന്യോന്യം കീഴടങ്ങാനായിട്ടുണ്ട് കണ്ടോ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊഴുവിൽ അങ്ങനെ അന്യോന്യം മറ്റ് ആ നിലയിൽ ഒരു അധികാരത്തിന് കീഴടങ്ങി മുന്നോട്ട് പോകുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം നാലാമതായിട്ട് നമ്മൾ കാണുന്നത് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന അതിരികൾക്കുള്ളിൽ നമ്മൾ നിൽക്കണം നമ്മളെ കർത്താവായ യേശു ക്രിസ്തു അവിടെ ചെയ്തു അവിടുന്ന് ഭൂമിയിൽ ഒന്നാമത് വന്നപ്പം എല്ലാ കാര്യത്തിലും അവിടുത്തെ കാര്യങ്ങൾ പിതാവായിരുന്നു തീരുമാനിച്ചത് മുപ്പത്തി മൂന്നര വർഷമാകുമ്പോൾ തന്നെ കാൽവറിക്രൂശിയിൽ മരിക്കണം എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നു അതിനുള്ളിൽ ആ അതിരികൾക്കുള്ളിൽ കർത്താവ് നിന്നു അല്ലാതെ സ്വന്തം ഇഷ്ടത്തിൽ താൻ ആ അതിരികളെ ഭേദിച്ച് മുന്നോട്ട് പോയില്ല നമ്മളുമെന്തു വേണം നമ്മളും ഇന്ന് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന അതിരികൾക്കുള്ളിൽ നിൽക്കണം അപ്പോ സ്ഥലപ്രവൃത്തി പതിനേഴാം അധ്യായം ഇരുപത്താറ് ഇരുപത്തേഴ് വാക്യങ്ങളിൽ നമ്മൾ പൗലോസിൻ്റെ ഒരു പ്രസംഗം വായിക്കുന്നുണ്ടല്ലോ അവിടെ പൗലോസ് പറയുന്നത് നമ്മളെ എല്ലാവരെയും ദൈവം ആക്കി വെച്ചെടുത്ത് നമുക്ക് ചുറ്റും എന്ത് വെച്ച് വെച്ചിട്ടുണ്ട് ഒരു വൃത്തം വരച്ചിട്ടുണ്ട് നമ്മളെ ഒരു വൃത്തത്തിനുള്ളിലാക്കിയിട്ടുണ്ട് ഒരു അതിരുകൾക്കുള്ളിൽ നമ്മളെ ആക്കിയിട്ടുണ്ട് അതിരുവിട്ടു പോകരുത് എന്നവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ അതിര് വിട്ടു പോയാൽ എന്ത് പറ്റും നമ്മൾ സഭാപ്രസംഗി പത്താമത്തെയായോ അതിൻ്റെ എട്ടാമത്തെയോ വാക്യം പലപ്പോഴും നമുക്കറിയാമല്ലോ അതിരുവിട്ട് പോയാൽ മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും എന്നാണ് സഭാപ്രസംഗി പത്തിൻ്റെ എട്ടിൽ പറയുന്നത് അപ്പോൾ ഒരു മതിലുണ്ട് ഒരു ഒരു ഒരു വോളുണ്ട് നമുക്ക് ചുറ്റും ഒരു ആ നിലയിൽ ഒരു മതിലുണ്ട് ആ മതിൽ പൊളിച്ചാൽ എന്ത് പറ്റും പൊളിച്ചാൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും നമ്മളിത് വെറുതെ പറയുന്നതല്ല നമ്മൾ രാജാക്കന്മാരുടെയൊക്കെ അനുഭവങ്ങൾ നോക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി ആറില് ഈ ഉസിയാവ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ആ രാജാവ് താന് ഒരു രാജാവെന്നുള്ള നിലയിൽ വളരെ ദൈവം അനുഗ്രഹിച്ചവനെ ആ നിലയിൽ മുന്നോട്ട് നടത്തിയതാണ് എന്നാൽ അവൻ ആ നിലയിൽ ഒരു രാജാവെന്നുള്ള നിലയിൽ അവൻ മുന്നോട്ട് വലിയ നേട്ടങ്ങളൊക്കെ കൈവരിച്ചു കഴിഞ്ഞപ്പം അവൻ എന്ത് ചെയ്തു അവൻ അഹങ്കരിച്ച് ആ നികള അവനിൽ വന്ന് അതിരിന് പുറത്തേക്ക് അവൻ പോകുന്നു രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയാറിൻ്റെ പതിനാറാമത്തെ വാക്യമൊക്കെ നോക്കുക എന്നിട്ട് ആ രാജാവ് എന്തു ചെയ്തു അവന് താന് ആക്കി വെച്ചിരുന്ന ഒരു രാജാവെന്നുള്ള സ്ഥാനത്തിനപ്പുറത്തേക്ക് ഒരു പുരോഹിതൻ്റെ സ്ഥാനമെടുത്ത് അവൻ ദേവാലയത്തിൽ ചെന്ന് തൂപം കാട്ടാനായിട്ട് തുടങ്ങുകയും ദൈവം ഉടനെ തന്നെ അവനെ ശിക്ഷിക്കുകയും അവനെ കുഷ്ഠം അവനെ പിടിക്കുകയും അവൻ കുഷ്ഠരോഗിയായിട്ട് തന്നെ മരിക്കുകയുമൊക്കെ ചെയ്തു രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി ആറില് ഉസി ആ രാജാവിനുണ്ടായ ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത് നമ്മളതുപോലെ ഇസ്രായേൽ മക്കളിലെ ആദ്യത്തെ രാജാവായ ശവുലിനും ഇതേ കാര്യം തന്നെ ഉണ്ടായി അവനും എന്തു ചെയ്തു ശമുവലിനെ പോലെ അവന് ഒരു പൗരോഹിത്യ ശുശ്രൂഷിക്കായി കൈ നീട്ടിയപ്പം ദൈവം അവൻ്റെ പൗര അവൻ്റെ ആ അവനിൽ നിന്ന് മാറ്റി തനിക്ക് ബോധിച്ച് ഒരുവന് കൊടുക്കും എന്നൊക്കെ ഒന്ന് ശമുവൽ പതിമൂന്നിന്റെ എട്ട് പതിനാല് വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന അതിരികൾക്കുള്ളിൽ നിൽക്കുക നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന അതിരുകൾ പ്രിയപ്പെട്ടവര് നമ്മൾ പറഞ്ഞത് ഈ സഭയുടെ പണി കർത്താവിൻ്റെ ശരീരത്തിൻ്റെ രണ്ടാമത്തെ ശരീരത്തിൻ്റെ പണിയിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് അവിടെ നമ്മൾ കുറിക്കൊള്ളേണ്ട നാല് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് താഴ്മയാണ് രണ്ട് ആത്മാവിലെ ദാരിദ്ര്യമാണ് മൂന്ന് അധികാരത്തിന് കീഴടങ്ങുന്നതാണ് നാല് അതിരുകൾക്കുള്ളിൽ നിൽക്കുന്നതാണ് അങ്ങനെ നിൽക്കുന്ന ഈ നാല് കാര്യങ്ങളും ഈ നാല് കാര്യങ്ങളും നമുക്ക് കർത്താവായ യേശുവിൻ്റെ ഒന്നാമത്തെ ശരീരത്തിൽ നിന്നാണ് അതായത് കർത്താവ് രണ്ട് ഇരു ഇരുപത് നൂറ്റാണ്ട് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവിടുത്തെ അവിടുന്ന് കൈയാളിയിരുന്നതാണ് ഈ നാല് കാര്യങ്ങളും ആ നാല് കാര്യങ്ങളും വ്യക്തിപരമായിട്ടും സഭയെന്നുള്ള നിലയിലും നമ്മൾ കൊണ്ടു നടന്നാലേ ശരീരമാകുന്ന സഭ നമുക്ക് വേണ്ട പണിയാനായിട്ട് കഴിയുള്ളൂ ദൈവമാക്കി വെച്ചെടുത്ത് നമുക്ക് വിശ്വസ്തരായി നിൽക്കാനൊക്കെയുള്ളൂ അതിന് ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു